വളരെ മനോഹരമാണ് ഞാൻ നീസ്സ് പാസങ്ങും ഷേ ഡാനൽ കോവനും incidence അത് പോവില്ല നചകായി പ്രതികത്വ ബിസന്ധി ൾ ഇവിടെ വ്യാഖ്യാനിക്കുന്നത് പരമാത്മാവിനെ പ്രാപിക്കാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം സമർത്ഥിക്കും ഉപനിഷത്തില് ഈ പ്രകരണത്തെ ഭാഷകാരം വ്യാഖ്യാനിക്കുന്ന മന്ത്രങ്ങളെയല്ല ഈ പ്രകരണം സന്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ണ്ടും ഒന്ന് തന്നെ മനുഷ്യരനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിന്റെ സ്വരൂപം മുക്തി സന്യാസം ഇതെല്ലാം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഒന്നാൽ എല്ലാം ആത്യന്തികമായി പറയുന്നത് അത്തത്വത്തെ കുറിച്ചാണ് ആത്മാവ് കർത്താവും ഭോക്താവും അല്ല ആത്മാവിൽ കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ല അത് നിത്യശുദ്ധ മുക്തസ്വരൂപമാണ് കർത്താവും ഭോക്താവും അല്ല എന്ന് പറയുമ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് പറയുന്നു നിഷേധ മുഖേന ആത്മതത്വത്തെ നിഷേധ രൂപത്തിൽ ബോധിപ്പിക്കുന്നു അതാണ് അത് ഇല്ല ഇല്ല നെയ്നേതി എന്ന് പറയുന്നതിനെ തന്നെ ആത്മാവിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷേ നിഷേധമൊക്കെ അത് ഭക്ഷികാരൻ അതിനെ വ്യാഖ്യാനം ചെയ്യുന്നതാണ് അത് സന്യാസമായിട്ടാണ് വ്യാഖ്യാനിച്ച് ആത്മാവിൽ നെയ്തി നെയ്ത്തി എന്ന് പറഞ്ഞ് സർവത്തെയും നിഷേധിക്കുന്നു സർവപ്രപഞ്ചത്തെയും നിഷേധിക്കുന്നു സർവപ്രപഞ്ചത്തെയും നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നത് കേവലമായ ആത്മതത്വം കേവലമായ ആത്മതത്വം ശേഷിക്കുമ്പോൾ അവിടെ എല്ലാത്തിനും നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ നിഷേധിച്ചാൽ അവശേഷിക്കുന്ന തത്വം നിഷേധിച്ചാൽ അവശേഷിക്കുന്ന തത്വം അതിന് പിന്നെ സ്വന്തം ഭാഷയിൽ പറയണം അത് നിത്യ ശുദ്ധ ബുദ്ധ മുക്തസ്വരൂപമാണ് ഇത് ഭാഷകാരൻ്റെ സ്വന്തം ഭാഷയാണ് ഇതുപോലൊരു പദപ്രയോഗം ശ്രുതിയിലില്ല മറ്റാരും പ്രയോഗിച്ചിട്ടുമില്ല എന്നാൽ ആശയം ശ്രുതിയിലുണ്ട് ശ്രുതിയിൽ പല ഭാഗത്തും ഇത് ചെത്രിക്കിടക്കാണ് അതാണ് ഇവിടെ പറഞ്ഞത് അജരോ അമരോ അമൃതോ അഭയോ എന്നൊക്കെ പക്ഷെ ഈ പറയുന്നിടത്തെല്ലാം ഒരു നിഷേധം വരും സച്ചിദാനന്ദം എന്ന് പറയുന്നത് നിഷേധം അത് തത്വത്തെ തൊട്ടു കാണിക്കാണ് ഇതാണ് എന്ന് മറ മാറ്റിയിട്ട് കാണിച്ചത് അപ്പൊ നേതി നേതി എന്ന് പറയുന്നത് നിഷേധിച്ചു കാണിക്കുകയാണ് ഈ നിഷേധിക്കുന്നതാണ് ഭാഷകാരൻ്റെ അഭിപ്രായത്തിൽ സന്യാസത്തിന്റെ പരമമായ വ്യാഖ്യാനം അത് തന്നെ അങ്ങനെ അത് ആ ശബ്ദത്തിന്റെ അർത്ഥം അത് ഗീതാഭാഷയത്തിൽ വളരെ വ്യക്തമായി പറയുന്ന എന്താണോ സം പൂർവക മായധാതുവിന്റെ അർത്ഥം ഒരിക്കലും ത്യാഗാർത്ഥത്തിൽ നിന്നും ഭിന്നമായൊരർത്ഥം ആകത്തില്ല എന്ന് പറയും അത് നിക്ഷേപാർത്ഥമല്ല ഏതെങ്കിലും അവിടെ കൂട്ടിച്ചേർക്കുന്ന അല്ലെല്ലാത്തിനും ഉപേക്ഷിക്കുകയാണ് അപ്പൊ അത് സന്യാസത്തെ സംബന്ധിച്ചിടത്തോളം പരമമായ ആദർശം പക്ഷെ അത് ഭാഷകാരന് ശേഷം വന്ന ആർക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഒരാശയപരമായി ഉൾക്കൊള്ളാൻ പറ്റി അതാണ് പല പല തരത്തിൽ അതിന് രൂപമാറ്റങ്ങൾ വന്നു പക്ഷെ പ്രായോഗികമായി വൈഷമ്യങ്ങളും കാണും ഭാഷകാരൻ ഇത് വ്യാഖ്യാനിക്കുന്ന കാലമൊക്കെ മാറിപ്പോയി ഒരാദർശത്തെയും അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാൻ ആർക്കും കഴിയത്തില്ല അത് ലോകത്ത് അങ്ങനെയാണ് ആദർശം എന്ന് പറയുന്നത് വാക്കുകളിൽ നമുക്ക് പറയാം ഒരാശയം എന്നുള്ള ആലേക്ക് അതിനെ തെറ്റു കുറ്റങ്ങളൊന്നുമില്ലാതെ അവതരിപ്പിക്കാം പക്ഷെ പ്രായോഗികമായ അനുഷ്ഠാനത്തിൽ അത് സാധിക്കുന്ന കാര്യമല്ല എല്ലാ ദൃശ്യങ്ങളും അങ്ങനെ അതിൽ ചെറിയ എററുകൾ കാണാം അതുകൊണ്ട് ആകാം പിൽക്കാലത്ത് വന്ന ഭക്ഷ്യ പരമ്പരയിൽ തന്നെ ഒരു സന്യാസത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അതുകൊണ്ട് ഈ വടക്കേന്ത്യയിലൊക്കെ സന്യാസത്തിനുള്ള രസകരമായൊരു ചടങ്ങുണ്ട് ഒരു തമാശ തോന്നുന്ന ഒരു ചടങ്ങ് എല്ലാം ചടങ്ങുകളാണ് സന്യാസ ദീക്ഷ കൊടുക്കുന്ന സമയത്ത് ആ ദീക്ഷ സ്വീകരിക്കുന്ന ആൾ ശരിക്ക് സന്യാസിയായി പോവുക സന്യാസിയായി പോവാ എല്ലാം ഉപേക്ഷിച്ചു പോവും ഇത് സന്യാസത്തിന്റെ അവസാന ചടങ്ങാണ് സന്യാസത്തിന്റെ അവസാന ചടങ്ങ് എന്താണെന്നറിയാം ഉം കേട്ടിട്ടുണ്ടോ അത് കേട്ടാ സന്യാസത്തിന്റെ ഏറ്റവും അവസാന ചടങ്ങ് അയാളെ സന്യാസി ആക്കാതിരിക്കുന്നതാണ് ഏറ്റവും അവസാനത്തെ ചടങ്ങ് അങ്ങനെ സന്യാസി ആക്കാതിരിക്കുന്നത് ചുമ്പോ ഈ കാര്യങ്ങളെല്ലാ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു അപ്പൊ അയാള് സന്യാസത്തിനേക്ക് പോകുമ്പോൾ അയാളെ തിരിച്ചു വിളിക്കുന്നു വേണ്ട നീഞ്ഞുപോരേന്ന് അയാളും വിളി കാത്തിരിക്കുകയാണ് അപ്പൊ അയാൾ തിരിച്ചു വരുന്നത് അപ്പൊ സന്യാസം ഉപേക്ഷിക്കുമ്പോഴാണ് എന്തു ചെയ്യുന്നത് കാവ്യവസ്ത്രം കൊടുക്കുന്നു ഇത് കഥ പറയുന്നതല്ല അവസാനം അങ്ങനെ ഒരു ചടങ്ങുണ്ട് അപ്പൊ അല്ലെങ്കിൽ അയാൾ എന്തി പൂർണ്ണ സർവസർഗരിത്യാഗി എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ശാരീരികമായും ബാഹ്യമായും ആന്തരികമായും തന്നെ സാകും അങ്ങനെ ആകാം അയാൾ തീരുമാനിച്ച് ഉറച്ച് പോകുമ്പോൾ പറയും വേണ്ട അങ്ങനെ നീ സന്യാസി ആകണ്ട എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എന്ത് ചെയ്യുന്നു കാവ്യദാസം കൊടുത്ത് അയാൾ സന്യാസി ആക്കുകയാണ് ഇതാണ് ശരിക്കും അത് പ്രായോഗികമാണ് കാര്യം അവിടെ ചെയ്യുന്ന കാര്യം ഒരുപാട് നിനക്ക് ഒരുപാട് പേരുടെ പ്രയോഗങ്ങളിലൂടെയൊക്കെ കടന്നുപോയതാണല്ലോ അപ്പോൾ അങ്ങനെ ഒരാൾ സന്യാസത്തിന് വേണ്ടി ചാടി പുറപ്പെട്ടു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമുണ്ട് ഏതുവരെ പോവും ഇയാളിങ്ങനെ സന്യാസിയായിട്ട് ആ പോകുന്ന പോക്ക് കാണേണ്ട പോകാണ് എന്താണ് തുണിയില്ലാതെ പോകുന്നത് അതുകൂടാലോ ഇങ്ങനെ ഏതുവരെ പോവും ഇത് രാത്രിയാ പോകുന്ന ആരും ഇല്ലാത്ത സ്ഥലത്ത് നേരം വെളുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇയാളുടെ ധൈര്യമൊക്കെ ചോർന്നു പോകത്തില്ലേ ശരിക്കും സന്യാസ്വാദി തന്നെയാണ് ഒരു സംശയം പക്ഷെ പ്രായോഗികമായി അതും നടക്കുന്ന കാര്യമല്ല അപ്പൊ പറയുന്നു വേണ്ട എന്നിട്ട് അയാൾക്ക് ചെയ്യുന്നു അയാളെ സംസാരത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നു ഈ ലോകത്തിലേ അല്ല കാര്യം നടക്കുന്ന കാര്യങ്ങൾ എന്നിട്ട് പിന്നെ അവർക്ക് ഈ ലോകത്തിൽ ഈ ലോകത്തിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഇവിടെ നിലനിന്ന് പോവേണ്ടത് അതിനുള്ള പരുവത്തിലാക്കിയെടുക്കുന്നു അതാണ് ആ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷിക്കാരനും അത് അംഗീകരിച്ച കാര്യം തന്നെയാണ് ഭാഷകാരുടെ സന്യാസിയെ കുറിച്ച് പറയുമ്പോ എന്താ പറയുന്നത് കോവിനാച്ഛാദനാദി വസ്ത്രങ്ങൾ ധരിക്കാം ആവശ്യത്തിന് മാത്രം എന്ന് പറയുന്നു അത് ബുദ്ധന്റെ മധ്യമമാർഗമാണ് ആവശ്യത്തിന് ഒന്നുമില്ലാതെ ഇങ്ങനെ ത്യാഗത്തിന്റെ സന്യാസത്തിന്റെ പേരിൽ ക്ലേശിക്കുന്ന കണ്ടപ്പോ ബുദ്ധൻ ആദ്യം തന്റെ കൂടെ ഉണ്ടായിരുന്ന തപസികളെ തന്നെ ഒഴിവാക്കിയിട്ട് പറഞ്ഞു ഞാനിനീ പണിക്കില്ല കൂടെയുള്ളവരെടുത്ത് പറഞ്ഞു എല്ലാവരും കൂടെ പോയിരുന്നു തപസ് ചെയ്യായിരുന്നു ഇതൊന്നുമില്ലാതെ വളരെ ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിന്നെ ഉപേക്ഷിച്ച് പോകുന്നു നിന്റെ കൂട്ടത്തിൽ ഞാനില്ല അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു മധ്യമമാർഗം അങ്ങനെയല്ല ഈ തപസ്സുകൊണ്ടൊന്നും നേടാനില്ല ഈ തപസ് വെറും കായക്ലേശത്തെ ഉണ്ടാകത്തേ ഉള്ളൂ ഒന്നും നമ്മൾ നേടിയില്ലല്ലോ തപസ് മാത്രമല്ലേ ഉള്ളൂ ബാക്കി അതുകൊണ്ട് ആവശ്യത്തിനൊക്കെ ആകാം അപ്പോൾ ആദ്യം ബുദ്ധൻ്റെ ശിഷ്യന്മാരാകുന്ന ബുദ്ധന് ഉപേക്ഷിച്ച തപസികളാണെന്ന് വേണം കഥയിൽ പറയും അത് ചില യാഥാർത്ഥ്യങ്ങളുമുണ്ട് ഇതുതന്നെയാണ് ഭാഷകാരനെ പറഞ്ഞു അങ്ങനെ വേണ്ട ശരീരധാരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം വസ്ത്രം ധരിക്കാം ആഹാരം കഴിക്കാം പക്ഷെ ആഹാരം കഴിക്കുന്നത് സ്വയംപാകം ചെയ്ത് കഴിക്കാൻ പാടില്ല അന്നം സംഭരിച്ചു കഴിക്കാൻ പാടില്ല പിന്നെയോ കരതല ഭിക്ഷ തരുതല വാസ ഇത്രയും ഇത് സന്യാസത്തിൽ കൊടുത്ത ഒരു ഡിസ്കൗണ്ടാണ് ഇത്രയാകാം എന്ന് പറയും കൊടുത്തു അപ്പോ ആ കാലഘട്ടത്തില് സമൂഹത്തില് ഭാരതീയ സമൂഹത്തില് ഒരു ധാർമ്മികമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു ധാർമ്മികമായ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ധർമ്മം കൂടുതൽ അതിനകുന്നൊന്നുമല്ല എന്നുവെച്ചാൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സാമാന്യ ജനത്തിന് കുറച്ചുകൂടി ബോധമുണ്ടായിരുന്നു എന്താണെന്നുള്ളത് ജനങ്ങൾക്കിത് കുറെ പരിചിത പരിചയമുള്ള കാര്യങ്ങളായിരുന്നു അപ്പോ ഞാൻ വൈകുന്നേരം മിക്കവാറും ഒരു മണിക്കൂറും നടക്കും അപ്പം ഇവിടെയുള്ള ചുറ്റുപാടുള്ള എല്ലാ ചെറിയ ഓട് എനിക്ക് പരിചയമാണ് ഓരോ ദിവസവും ഓരോ വഴി കൂടും വയനൂർ ദിവസൊരാള് വഴി തടഞ്ഞു നിർത്തി അതേപോലെ ഉദ്രവിക്കാനൊന്നുമല്ല ചോദിച്ചു എവിടുന്നാ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ പള്ളിക്കാവിലെ ആശ്രമത്തിന്ന് പറഞ്ഞു അപ്പൊ അയാള് പറഞ്ഞു ആ ശരി പറഞ്ഞു ആശ്രമം ഇവിടെ ഉണ്ടെങ്കിൽ ഈ വഴിക്ക് ഇന്നുവരെ ഒരു സ്വാമിയെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറഞ്ഞു കഥ പറയുന്നല്ല ഞാൻ അത്ര വലിയൊരു സ്വാമി ഒന്നുമല്ല ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ വന്നു പോകുന്ന ഒരാളാണ് നമ്മള് നാട് കാണാൻ ഇറങ്ങിയാണെന്ന് പറഞ്ഞു ശരി സന്തോഷമായിട്ട് പിരിഞ്ഞു എന്നുവെച്ചാ ഇന്ന് ജനങ്ങൾക്ക് ഇതൊന്നും പരിചയം ഉണ്ടാകും സമൂഹത്തിന് പരിചയമുണ്ട് സ്വാമിമാരെ കാണാനായിട്ട് പോകുന്ന ഒരു ചുരുക്കമാണ് ഒരു ഒരുപിടി ആളുകളെ സ്വാമിമാർക്ക് ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങാൻ ഒരു ചമ്മലുമുണ്ട് രണ്ടും ഉണ്ട് പണ്ട് അതാണ് ഞാൻ പറഞ്ഞത് വ്യത്യാസമുണ്ടെന്ന് അന്ന് ജനങ്ങൾക്ക് ഇതൊക്കെ കുറച്ചുകൂടി പരിചയമായിരുന്നു ുദ്ധൻ്റെ കാലം തുടങ്ങുന്ന ഒരായിരം വർഷം മുമ്പിലേ അന്ന് ബുദ്ധജലതത്തിലും മറ്റും അന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ജനങ്ങൾടെ ഇടയിൽ ഇതൊക്കെ കുറച്ച് സാർവത്രികമായിരുന്നു തപസ്സും മറ്റൊന്ന് അപ്പം അന്നത്തെ സമ്പ്രദായത്തിലാണെന്നേ ഉള്ളൂ അതുകൊണ്ടാണ് അതിന് ധാർമ്മികം എന്ന് പറയും അന്നത്തെ ഒരു ധർമ്മം ഇന്ന ധർമ്മമായിട്ട് ജനങ്ങളെ സ്വീകരിക്കത്തി അപ്പൊ അതുകൊണ്ട് ഈ അന്ന് പറഞ്ഞ രീതിയിൽ ഭിക്ഷാടനവും അങ്ങനെ ഒരു ജീവിതവും ഒക്കെ അന്ന് സാധ്യമായിരുന്നു വിദേശികളക്ക ഇങ്ങോട്ട് കടന്നു വന്നു ആക്രമണവും കൊള്ളയും കൊലയും എല്ലാം ഇവിടെ തുടങ്ങിയപ്പോ ഇവിടെ അതൊക്കെ ബുദ്ധിമുട്ടായി മാറി അതുകൊണ്ടാണ് ഭാഷകാരന്റെ കാലശേഷം മൊത്തത്തിലൊരു പരമ്പരകളിൽ തന്നെ മാറ്റം വരുത്തി എന്ന് വേണം ഊഹിക്കാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒതുങ്ങി ഒതുങ്ങിപ്പോയി സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി അതാണ് അങ്ങ് വടക്കേ ഇന്ത്യയിൽ ഹിമാലയത്തിലും ഹരിദ്വാറിലും ഋഷികേശത്തും ഒക്കെ ആയിട്ട് സന്യാസമൊക്കെ ഒതുങ്ങിപ്പോയെന്നതാണ് കാരണം ഇങ്ങോട്ടൊക്കെ സന്യാസത്തിനൊക്കെ വരാൻ പ്രയാസമായി സമൂഹ മധ്യത്തിൽ പ്രയാസമായി ിൽ ഇറങ്ങിയാൽ തന്നെ അവര് അവരുടെ ശിഷ്യന്മാരുടെ പരിരക്ഷയിലൊക്കെ പുറത്തു വരാൻ പറ്റും അല്ലാതെ സ്വതന്ത്രമായി പുറത്തു ഒരു പ്രയാസമാണ് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സ്വതന്ത്രമായി പുറത്തൊക്കെ പോയാൽ വളരെ രസകരമായ കാര്യമാണ് വിന്യാസത്തിന് എനിക്ക് വളരെ രസകരമായ അനുഭവങ്ങളൊക്കെ ആണ് ഉണ്ടാകുന്നത് ഞാനിങ്ങനെ മുറിക്കാത്തിരിക്കുന്ന ആളാണെങ്കിലും അതേപോലെ തന്നെ പുറത്തുവിറങ്ങുന്ന ആളാണ് എൻ്റെ സ്റ്റൈല് വേറെയാണ് ഒരുപോലെ തന്നെ ഞാൻ ചന്തകളിൽ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ പോയി നോക്കുന്നയാളാണ് എല്ലായിടത്തും അപ്പോ ഈ കാഴ്ചയിൽ ഞാൻ അവിടെയൊക്കെ രക്ഷപ്പെടുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാഴ്ചയിൽ വലിയ വേഷഭൂഷാദികളൊന്നും ഇല്ലാത്ത കൊണ്ടാണ് പലരും ഇപ്പോഴുള്ള മുമ്പും കാശിയിലായിരിക്കുമ്പോഴും അവിടെ ചന്തയിൽ പച്ചക്കറി വാങ്ങാൻ വിടുന്നത് എന്നെയാണ് അവിടെ അല്ലെങ്കിൽ അവിടെ ചോദിച്ചു നോക്കാം അവിടെ ഉള്ളവരും ഇപ്പോഴുമുണ്ട് അത് പോകാൻ എനിക്ക് സാധിക്കുന്നെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അന്ന് എൻ്റെ വേഷം ഇത് തന്നെ നല്ലൊരു രുദ്രാക്ഷമാനായിട്ട് നല്ലൊരു പാടൻ കുറിയൊക്കെ വരച്ചിട്ട് നമുക്ക് ചന്താൻ പറ്റത്തില്ല എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുന്നു വിചാരിക്കുന്നു നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിനെയൊക്കെ ഇതിനോടൊക്കെ എന്തോ വിരോധം ഉള്ളതുകൊണ്ടല്ല വിരോധം ഉള്ളതുകൊണ്ടല്ല നമുക്ക് ചന്തയിൽ പോകാൻ പറ്റത്തില്ല ഇത്രയേ ഉള്ളൂ ചന്തയിൽ പോകണമെങ്കിൽ ചന്തയിൽ പോകാൻ പറ്റിയ ഒരു വേഷമായിരിക്കും ഈ ചന്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഞാൻ തമിഴ്നാട്ടിലെ കാളച്ചന്ത പോയിട്ടുണ്ട് കാളച്ചന്ത അറിയാം കാളയും പശുവിനെയൊക്കെ വിൽക്കുന്ന ഗന്ധം അവിടെ പോയിട്ട് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നയാളാണ് അതിനൊരു സഹായകമാണ് എന്റെ വേഷം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ വേഷമൊക്കെ മിനിമം സന്യാസം അതാണ് എന്റെ ആദർശം അപ്പൊ ഇവിടെ ഒക്കെ ഞാൻ അതൊരു രസമാണ് എന്തൊക്കെയാണ് ലോകത്തൊക്കെ നടക്കുന്നറിയേണ്ടേ ആൾക്കാരുമായിട്ട് ഇടപെടണ്ടേ ആൾക്കാരെന്ത് പറയുന്നു എന്നറിയണ്ടേ ഇപ്പൊ പോകുന്ന ചന്തകളിലുള്ള സൂപ്പർ മാർക്കറ്റിലും അവിടെ ഇവിടെ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്കവാറും നമ്മളെ ആര് സ്വാമി എന്ന് വിളിക്കത്തില്ല നമ്മളി കയ്യിൽ ഒരു ബാഗും ഇത്തിരി കട്ടിയുള്ള ബാഗ് ഉണ്ടെങ്കിൽ സാറൊന്നും വിളിക്കും അത് ബാഗിന്റെ കനം നോക്കിയിട്ടാണ് കൈയിലങ്ങനെ ബാഗൊന്നും ഇല്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്തില്ല ഓ ഇതൊരാൾ പോകും ബാഗ് ഉണ്ടെങ്കിൽ സാറേന്ന് വിളിക്കും പിന്നെ കാണുന്ന ആൾക്കാരുടെ ഇതനുസരിച്ചാണ് കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ അപ്പപ്പാന്ന് വിളിക്കും ചിലരച്ചാന്ന് വിളിക്കും ചില ഓരോ ഭാ ദേശത്തേത് വിളിച്ച് എന്ന് പറഞ്ഞാൽ സന്യാസി എന്നുള്ള രീതിയിലുള്ള ഭീഷണികളോ ഭദ്രവങ്ങളോ ഒന്നും നേരിടേണ്ടി വരുന്നില്ല എന്നർത്ഥം അങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു വിദ്യയാണ് എന്നെ ഒരു ആരുപദേശിച്ചു തന്നെ പുറത്തും പോണാലോ അതോ എപ്പോഴും ആകത്തിരിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ഒരു സൗകര്യമാണ് മറിച്ചായാൽ എന്തുവരും ഇന്നത്തെ കാലം ഞാൻ പറയുന്നു പുറത്ത് പല ദുരന്തങ്ങളും കാത്തിരിപ്പുണ്ട് അതുകൂടെ അറിയണം പിന്നെ നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള ഒരു പരിരക്ഷയിലെ ജീവിക്കാൻ പറ്റും അല്ലാതെ നമുക്ക് സമൂഹമായിട്ട് ഇടപഴകാൻ പറ്റത്തില്ല വഴി അടക്കാൻ പറ്റത്തില്ല നമ്മുടെ ചുറ്റും ആണയിക്കണം വഴി മാറ്റിത്തരാ മാറും മാറും സ്വാമി വരുന്നു സ്വാമി വരുന്നു ഇങ്ങനെ പറയാൻ ആണയിക്കേണ്ടി വരും അപ്പൊ സമൂഹമായിട്ട് അടുക്കുകയല്ല സമൂഹമായിട്ട് നമ്മൾ അറിയാതെ അകന്നുപോവുകയാണ് ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്ന അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഭാഷ്യത്തിൽ എഴുതിയിട്ടില്ല അപ്പോ അതുകൊണ്ടാണ് സ്വാമിമാർക്ക് എന്ത് വരുന്നു അവർ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി ഒതുങ്ങി ഒതുങ്ങി ആദ്യം ഭക്തന്മാരുടെ ഇടയിൽ ഒതുങ്ങി അവസാനം സ്വന്തം റൂമുകളിൽ ഒതുങ്ങിപ്പോ അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആന്തരികമായ ആ കരുത്ത് ചോർന്നു പോകുന്നു സമൂഹമായിട്ട് നമ്മൾ ഇടപഴകാതിരിക്കുമ്പോൾ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളെ അതിജീവിക്കുന്നതിനുള്ള നമ്മുടെ കരുത്ത് നമ്മളറിയാതെ തന്നെ ചോർന്നു ഇപ്പോ സ്വാമിമാരിൽ എന്താണ് പിന്നെ ആകെ ശേഷിക്കുന്ന എന്താണ് മലയാ മലയാളത്തിൽ പറയും തിണ്ണമെടുക്കെന്ന് പറയും അതുമാത്രമേ കാണത്തുള്ളൂ എന്നുവെച്ചാൽ നമ്മൾക്ക് പരിരക്ഷയുള്ള ഒരു ഭാഗത്ത് നമ്മൾ വലിയ ധീര വീര ചൂര പരാക്രമീണതായി പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ വേറെ പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല കാലം അതാണ് അപ്പോൾ നമ്മൾക്ക് ആന്തരികമായി നമ്മുടെ ബലവും ശക്തിയും എല്ലാം സമൂഹത്തിനെ അഭിമുഖീകരിക്കുമ്പോൾ ചോർന്നു അതുകൊണ്ട് സമൂഹത്തെ അഭിമുഖീകരിക്കുന്നതിൻ്റെ ഒരു ചമ്മത് അപ്പോൾ ഒതുങ്ങി ഒതുങ്ങിയിരിക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് പിന്നെ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം അവിടെ നമ്മൾ കേമന്മാരാണ് അതിനപ്പുറം ഇന്നത്തെ സന്യാസത്തിൻ്റെ അവസ്ഥയെ കുറിച്ച് ഒന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതാണേ ഇതിന് വേറെ ഒരു ദുരുദ്ദേശം ഇല്ല ഇന്നലെ ഞാൻ പറഞ്ഞത് ചിലരെ സംതൃപ്തരാക്കിയില്ല അവർ പറഞ്ഞു ശ്രീ ബുദ്ധൻ്റെയും ശങ്കരാചാര്യൊക്കെ കാലം പറഞ്ഞിട്ട് എന്തോ ഇന്ന് എന്താണ് സന്യാസം എന്ന് പറയുന്നത് പറയണം ഞാൻ പറഞ്ഞു ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നതിന് ആ ഒരു സ്മൃതികളോ ശ്രുതികളോ ഒന്നും എഴുതിയിട്ടില്ല ഇന്നത്തെ സന്യാസത്തിന് അമ്മ സ്വന്തം അനുഭവത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് എന്ന് പറയുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേരിയാൻ തള്ളിക്കളയാം ശരിയെന്ന് പറയാൻ തെറ്റെന്ന് പറയാൻ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നേരം ഉണ്ട് എന്ന് പറയുകയാണ് ഇതാണ് ഇത് ഇത് ഒരു കണക്കിന് നല്ലതാണ് എന്താണ് ഭാഷകാലം പറഞ്ഞത് സന്യാസി ഭിക്ഷാടനമെടുത്തത് ഗിരി ഗുഹകളിലോ നദീപുളിനങ്ങളിലോ എന്നാ പറഞ്ഞിട്ടുള്ളൂ ആശ്രമമൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ കഴിയുക എന്നു പറയുമ്പോ അവിടെ വളരെ വ്യക്തമാണ് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിക്കുക അപ്പോ ഈ സമൂഹത്തിന്റെ തട്ടം മുട്ടും ഒന്നും ഏൽക്കേണ്ടി വരുത്തരുതല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ ആകും അത് അപ്രായോഗികമായതുകൊണ്ടാണ് പിന്നീട് മഠങ്ങളുണ്ടായത് അതിനകത്തക്ക സന്യാസിമാർ കഴിയാൻ തുടങ്ങിയത് പിന്നെ ഒരു ചെറിയൊരു അനുകൂലമായ സാഹചര്യത്തിൽ ജീവിക്കാൻ തുടങ്ങി ബുദ്ധന്റെ കാലഘട്ടത്തിലും ഈ പ്രശ്നം ഉണ്ടായി ബുദ്ധന്റെ ഉപദേശങ്ങളെ കുറിച്ച് എല്ലാം പറയുന്നിടത്ത് എല്ലാം ഉപദേശങ്ങൾ എവിടെയാണ് നടന്നത് പുടകങ്ങളിലും മറ്റും ഉപദേശങ്ങളെവിടെയാണ് നടന്ന് മങ്ങളിൽ ആണ് എല്ലായിടത്തും പറയുന്നതാണ് എന്ന് വെച്ചാൽ ആശ്രമങ്ങളിലല്ല ഇങ്ങനെയുള്ള എന്തു പറഞ്ഞാൽ അത് കാടുകളിലാണ് കാടുകൾ എന്ന് വെച്ചാൽ കൊടുങ്കാടല്ല ജനങ്ങൾക്ക് ഒത്തുകൂടാൻ ചേർന്ന സ്ഥലങ്ങൾ അവിടെയാണ് ഉപദേശങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ തക്ഷശലിൽ പോയി നോക്കുക അവിടെ എന്താ കാണുന്നത് പടുകൂറ്റൻ എന്നുവെച്ചാൽ എന്നീ കാണുന്ന ഈ ആശ്രമത്തെക്കാളും ഫ്ളാറ്റുകളെക്കാളും വലിയ ഫ്ളാറ്റുകളാണ് ഇടിച്ചു തേർത്തിട്ടിരിക്കുന്നത് വലിയ ഹൈറ്റും എന്ന് അതിന്റെ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ പോവിക്കാം ഉള്ള വലിയ ഫ്ളാറ്റിന്റെ സമുച്ചയങ്ങളാണ് അല്ല അവിടെ ബോംബ് വെച്ച് തകർത്തതുപോലെ അവിടെ തകർത്തി എന്നുവെച്ചാൽ അതും ഒരു ആയിരം വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുമെല്ലാം ഉള്ളിലായി ആശ്രമത്തിന്റെ ഉള്ളിലായി ആരാമങ്ങളിൽ നിന്നൊക്കെ പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ആശ്രമങ്ങൾ വന്നു ആശ്രമങ്ങൾക്ക് ഉള്ളിലേക്ക് കടക്കേണ്ടി വന്നു സന്യാസി സമൂഹത്തിൽ പല പ്രശ്നങ്ങളുണ്ടായി അതായിരിക്കാം പിന്നീട് ഇങ്ങനെ രീതി വന്നു പക്ഷിക്കാലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതിനും ഗുണമുണ്ട് അപ്പോ ആശ്രമങ്ങളുടെ ഉള്ളിൽ കഴിയുമ്പോൾ അവർ അന്തർമുഖത അവസരം ഉണ്ടാവും സമൂഹത്തിൽ ഭിമുഖീകരിക്കുണ്ടാകുന്ന വിക്ഷേപങ്ങൾ ഒഴിവാക്കാം ഇത് എല്ലാ മതങ്ങളിലും ഉണ്ട് ഈ മതങ്ങളുടെയൊക്കെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു മതത്തിൽ ഇത് കൂടുതലാണ് അവിടെ ഇങ്ങനെ കഠിനമായി തപസ് ചെയ്യുന്ന സന്യാസിമാരുടെ മഠങ്ങൾ പല സ്ഥലങ്ങളും മലകളിലൊക്കെ തിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഉണ്ട് തപസ് ചെയ്യുന്നവരില്ലെന്നേ അതിലൊന്നും സന്യാസിമാരിങ്ങനെ തപസ് ചെയ്തു അതുകൊണ്ട് സമൂഹത്തെ നേരിടുക സമൂഹത്തിൽ നിന്ന് മാറിയിക്കുക അപ്പൊ സമൂഹത്തിൽ നിന്ന് മാറിയിക്കുന്നതിന് ഇതൊക്കെ നല്ലതാണ് അപ്പൊ സമൂഹത്തിനെ അഭിമുഖീകരിക്കാൻ പോവാൻ മൂല്യച്തികളൊക്കെ ഒഴിവാക്കാനും പറ്റും വല്യച്യുതി എവിടെയും സംഭവിക്കാം അത് ഒരു സഹായകമാണ് അങ്ങനെയാണ് ഈ സമ്പ്രദായങ്ങൾ പിൽക്കാലത്ത് അതാണ് ഇന്നത്തെ സമ്പ്രദായം എന്ന് പറയുന്നത് അപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങൾ കഴിയാതെ നടക്കും പ്രതികൂല സാഹചര്യത്തിലേക്ക് പോയി പരീക്ഷണത്തിന് പോയി കഴിഞ്ഞാൽ ഇന്ന് ആപത്താണ് സന്യാസം നഷ്ടപ്പെട്ടു അതാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നു അപ്പോ ആൾക്കാർ പറയും സന്യാസിക്ക് സാമൂഹ്യ പ്രതിബദ്ധത വേണം എന്ന് പറയും സന്യാസിമാരെ പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാരെന്താ പറയുന്നത് പഴയ കാലമല്ല ഇത് പറഞ്ഞെൻ്റെ അടുത്തും പലരും വന്നിട്ടില്ല സന്യാസി സമൂഹ സാമൂഹ്യ പ്രതിബദ്ധത ഇന്നത്തെ കാലം അതാണ് ഇപ്പൊ ഞാൻ ഒരു ബുദ്ധിജീവിയാണ് കൂടുതലൊന്നും പറയുന്നില്ല അപ്പോ ഞാൻ പറഞ്ഞു ശരിയാണ് താങ്കൾ പറയുന്നതിനോട് യോജിക്കുന്നതിനു മുമ്പ് ഒരു കാര്യം കൂടെ താങ്കൾക്ക് അറിയാൻ വയ്യാത്ത കാര്യമൊന്നു പറഞ്ഞുതരാം സന്യാസിക്ക് അവനോട് പ്രതിബദ്ധത വേണം നിങ്ങൾക്കൊന്നും അതിന്റെ ആവശ്യമില്ല അതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം തന്നോടുള്ള പ്രതിബദ്ധത കഴിഞ്ഞ് സമൂഹത്തോടുള്ള പ്രതിബദ്ധത സന്യാസിക്ക് സാധ്യമാവും എന്തുകൊണ്ട് ഒരു സന്യാസിക്ക് തന്നോടുള്ള പ്രതിബദ്ധതയാണ് സന്യാസമെന്ന് പറയുന്നത് അതും ബാക്കിയുള്ളവർക്ക് മനസ്സിലാകത്തില്ല അത് സന്യാസിക്ക് മനസ്സിലാക്കാൻ പറ്റും മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവും സന്യാസി അല്ലാത്തവൻ സന്യാസിയെ ഉപദേശിക്കുന്നത് കേട്ടിട്ട് അവന്റെ പുറകെ സന്യാസി പോയി കഴിഞ്ഞാൽ അവൻ എന്താ സംഭവിക്കുന്നു അവൻ അവനോടുള്ള പ്രതിബദ്ധത പോകും സന്യാസത്തോടുള്ള പ്രതിബദ്ധത നഷ്ടപ്പെടും സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാവും ഇപ്പൊ സന്യാസം എന്ന് പറയുന്നത് ഒരു തരം പൊളിറ്റിക്സായി മാറും അത് സംഭവിക്കും സന്യാസിക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം വേണ്ട ആരോടാണ് തന്നോടാണ് വേണ്ടത് അത് അല്ലെങ്കിൽ അവൻ എന്തിനൊരു ജീവിതം തിരഞ്ഞെടുത്തു അവന് സമാനം പറയണം അവനോട് സമാനം പറയണം അല്ല നിങ്ങൾക്ക് സാമൂഹ്യപ്രതിബദ്ധതയാണ് വേണം വേണ്ടതെങ്കിൽ ഞാൻ എന്നോട് പൂർണ്ണമായി യോജിക്കുന്നു നിങ്ങളെന്തിന് സന്യാസത്തിന് പുറകെ പോയി അവന്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിങ്ങളെന്തിന് സന്യാസിയായി സന്യാസം കൂടാതെ തന്നെ നിങ്ങൾക്ക് സമൂഹത്തോടുള്ള എല്ലാ കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കാം ഇതൊരു തലതിരിഞ്ഞ ഏർപ്പാടെന്തിനാകണം അതിന്റെ ആവശ്യം അപ്പോ അത് തന്നോടുള്ള പ്രതിബദ്ധത എന്നാണ് സന്യാസത്തിൻ്റെ അർത്ഥം അതിന് സാമൂഹ്യ പ്രതിബദ്ധത എന്നൊരർത്ഥമുണ്ട് അല്ല ആ പ്രതിബദ്ധത മറന്ന് സാമൂഹ്യ പ്രതിബദ്ധതയിലേക്ക് പോയാൽ അവിടെയാണ് സന്യാസത്തിൻ്റെ സന്യാസം ആരംഭിക്കുന്ന അവിടെ പോലാണ് അപ്പൊ സന്യാസം എന്ന് പറയുമ്പം ചിലർ ധൈര്യമുള്ളവർ സന്യാസത്തെ സന്യാസിക്കും ധൈര്യമില്ലാത്തവര് ആ സന്യാസത്തെ മൂടി വയ്ക്കും ഈ വ്യത്യാസമേ ഉള്ളൂ അവരിൽ ഡബിൾ സന്യാസം കാണും ഉള്ളിൽ തന്നെ പുറമേ അല്ല ഉള്ളിൽ ചിലർക്ക് പുറമേ തന്നെ ഡബിൾ സന്യാസം കാണും ആദ്യ സന്യാസിയായി പിന്നെ സന്യാസി തന്നുള്ള പ്രതിബദ്ധത വിട്ടുകഴിഞ്ഞാൽ അങ്ങനെ ഒരു കുഴപ്പം വരും അതാണ് ഇന്നത്തെ ലോകം ബാഹ്യലോകം സന്യാസത്തിന് അനുകൂലമാണെന്ന് ഒരു മനുഷ്യനും പറയത്തില്ല ഒരു സന്യാസിയും പറയത്തില്ല അനുകൂലമായി യാതൊന്നുമില്ല അപ്പൊ ആ സമൂഹത്തിനോട് പ്രതിബദ്ധതയോടുകൂടി സന്യാസി സ്വാഭാവികമായിട്ടും സന്യാസി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹിപ്പോക്രസിയായിരിക്കും സംശയവും അങ്ങനെയല്ലാതെ അസാധ്യമാണ് മനുഷ്യനൊരിക്കലും പ്രാപഞ്ചിക നിയമങ്ങളെ വെല്ലുവിളിക്കാൻ സാധിക്കില്ല അങ്ങനെ വെല്ലുവിളിച്ച് ആരും ഒന്നും ഇന്ന് വരെ നേടിയിട്ടില്ല ഒന്നും നേടിയിട്ടില്ല സാമൂഹ പ്രാപഞ്ചിക നിയമങ്ങളെ വെല്ലുവിളിക്കാൻ പോകാന്ന് പറഞ്ഞാൽ അഭാവന ഓർമ്മിക്കണം കൊണ്ട് ഭഗവാൻ പറഞ്ഞ നിഗ്രഹക്കും പരിശീലി അസാധ്യമൊന്നാണ് ഇമ്പെന്ന് വെച്ചാൽ സാധിക്കാത്ത കാര്യമാണ് അപ്പോ സമൂഹത്തിന്റെ മുമ്പിൽ സമൂഹത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവന് നഷ്ടങ്ങളെ സംഭവിക്കും ഭൗതികമായ എന്തെങ്കിലും നേട്ടം ഉണ്ടാവാം പക്ഷേ ആത്മീയമായ നഷ്ടമേ സംഭവിക്കും ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം ഞാനത് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പുളിച്ചെന്നിരിക്കും നിങ്ങളുടെ മുഖം മക്ലി ചെന്നിരിക്കും ഞാൻ കണ്ണടച്ചാ പറയുന്നത് ഞാനത് നോക്കുന്നില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥ ഇതാണ് ഇന്നത്തെ സന്യാസത്തിൻ്റെ അവസ്ഥ അപ്പോൾ എന്നെ ഉപദേശിക്കാമെന്ന് അയാളുടെ കാര്യം അദ്ദേഹം അത് സമ്മതിച്ചു ശരിയാണ് പിന്നീട് എന്നെ ഉപദേശിക്കാൻ വന്നില്ല പക്ഷെ ഉപദേശം അദ്ദേഹം നിർത്തിയില്ല അദ്ദേഹം ഉപദേശിച്ച് പലരെയും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരാക്കി അവിടെ എന്ന് കാര്യവും എനിക്കറിയത്തില്ല എന്താണെന്നുള്ള കാര്യം അപ്പോ ഇതാണ് സന്യാസത്തിലെ ഇന്നത്തെ സാഹചര്യങ്ങളെന്ന് പറയുന്നു അപ്പോ സന്യാസി എന്ന് പറയുന്നത് പറയുന്നൊരു ചുരുക്കം ഇതാണ് സന്യാസത്തെ ഒരാൾ സന്യാസത്തെ സംരക്ഷിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന് സംസാര സന്യാസത്തിലേക്ക് എടുത്ത് ചാടാൻ എളുപ്പമാണ് എന്നുവെച്ചാൽ അതൊരു ജിജ്ഞാസയാണ് എങ്ങനെയായിരിക്കും എന്നുള്ളത് പക്ഷെ അതിനെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടെ അവനുണ്ട് ആ സംരക്ഷിക്കുന്ന ബാധ്യത ഒരാൾ അതിനെ സംരക്ഷിക്കുന്നയാൾക്ക് എത്രമാത്രം തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാമോ എന്നാലേ അത് സാധ്യമാകും അല്ലെങ്കിൽ അതീ പ്രാപഞ്ചിക നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതിൽ അത് അസാധ്യമായ കാര്യമാണ് സന്യാസംന്ന് പറയുന്നത് ശരിക്കും അത് കേവലക്ഷണം മാത്രമാണ് അതിനപ്പുറം ഒന്നുമില്ല ഒരു പരീക്ഷണം ഒരാള് ഒരു ജീവിത ശൈലി പരീക്ഷമൊക്കെയാണ് രണ്ടിനുള്ള സ്ഥാനമാണ് അതിൽ വിജയിക്കാനും സാധ്യതയുണ്ട് പരാജയപ്പെടാനും സാധ്യതയുണ്ട് രണ്ട് സംഭവിക്കാം അപ്പോ അത് വിജയിക്കണമെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നോടുള്ള പ്രതിബദ്ധതയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ പറ്റൂ മറിച്ചാണെങ്കിൽ യാതൊരു സംശയം വേണ്ട പരാജയപ്പെട്ടിരിക്കും പിന്നെ അതിൽ സമൂഹത്തെ കുറ്റം പറഞ്ഞിട്ടോ തന്നെ കുറ്റം പറഞ്ഞിട്ടോന്നും കാര്യമില്ല പിന്നെ അങ്ങനെ തനിക്ക് വീഴ്ചകൾ പറ്റുമ്പോൾ എല്ലാവരും പറയുന്ന ഇതാണ് എന്താണ് ഓ ഇതൊക്കെ നമ്മുടെ പ്രാരബ് എന്ന് പറഞ്ഞ് സമാനപ്പെടാൻ പറ്റും ഇതൊരു നിസ്സാര കാര്യമൊന്നുമല്ല ഒരിക്കലും ഏതെങ്കിലും പ്രലോഭനങ്ങളിൽ പെട്ട് എടുത്ത് ചാടേണ്ട ഒരു വഴിയല്ലേ ഇത് ഇതിലും പ്രലോഭനങ്ങളുണ്ട് സമൂഹത്തിന്റെ സമൂഹം എന്ന് വെച്ചാൽ സമൂഹത്തിന് വിരളിൽ എണ്ണാകുന്നുള്ള ഒരു വിഭാഗത്തിന്റെ അംഗീകാരം ആദര ബഹുമാരം ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രലോഭനം ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഭൂരിപക്ഷ സമൂഹവും ഇതിനെ തിരസ്കരിക്കുകയാണ് അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾക്ക് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ സമൂഹത്തിന്റെ പോയിന്റ് സീറോ സീറോ അവരുടെ ഇടയ്ക്കാണ് നമുക്ക് അംഗീകാരം ബഹുമാനവും ആദരവുമൊക്കെ കിട്ടുന്നത് അപ്പൊ അതിൽ ഭ്രമിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടുന്നത് നിർമ്മണ്ടനാണ് തിരുമണ്ടനാണ് മറിച്ച് നമ്മു പറഞ്ഞതുപോലെ തന്നോടുള്ള പ്രതിബദ്ധത കൊണ്ട് മാത്രമാണെങ്കിൽ പിന്നെ അതനുസരിച്ച് മുമ്പോട്ട് പോകേണ്ടിയും വരും അപ്പോ പ്രലോഭനങ്ങളിൽ പെട്ട് ഇതിലേക്ക് പോകുന്നതിലൊന്നും യാതൊരു അർത്ഥമല്ല എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റും കളർ മാറിയിരുന്ന എന്ന് ചിന്തിക്കുന്നതിൽ ഒന്നും കാര്യമൊന്നുമില്ല ജീവിതത്തിൽ വലിയ നഷ്ടം ഉണ്ടാകും ഒന്നും ഉണ്ടാകത്തില്ല അങ്ങനെ ഒരു നിഷ്ഠയെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഇത് നല്ലതാണ് ജീവിതത്തിലെങ്കിലും പൂർണ്ണമായ ഒരു നിഷ്ഠയെ സ്വീകരിച്ച ഒരാൾക്ക് മുന്നോട്ട് പോവാങ്കിൽ ഇതുകൊണ്ട് അയാൾക്ക് ശാന്തിയും സമാധാനം എല്ലാം ഉണ്ടാകും മറിച്ചാണെങ്കിൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം നഷ്ടപ്പെടും അതായത് ശാന്തിയും സമാധാനം എല്ലാം നഷ്ടപ്പെടും ഇത് രണ്ടിനുമുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ മഹത്താണെന്ന് പറഞ്ഞ് പോഴ്ത്താനൊന്നും അനുഭവം എന്നെ അനുവദിക്കുന്നില്ല ഇത് മോശമാണെന്ന് പറഞ്ഞ് എഴുത്താനും ഞാൻ തയ്യാറല്ല രണ്ടും ശരിയല്ല അതുകൊണ്ട് ഇതിലൊന്നും നിങ്ങൾ ഒരുപാട് ബൂസ്റ്റ് ചെയ്യാനൊന്നും എന്നെ കിട്ടത്തില്ല അതിനൊന്നും ഞാനില്ല എൻ്റെ തൊഴിലിതാണെങ്കിൽ ഇത് രണ്ടും കൽപ്പിച്ചൊരു പോക്കാണ് അതിൽ അതിന് തയ്യാറാണെങ്കിൽ പോകാൻ നേരെ പോകാൻ തയ്യാറാണെങ്കിൽ ഇത് ഗുണം ഇത്ര ഇതിനെ സംബന്ധിച്ച് പറയാൻ പറ്റും ഇത് അനുഭവത്തിൽ നിന്നുള്ള ഒരു വ്യാഖ്യാനമാണ് എന്ന് നിങ്ങൾ സ്വീകരിച്ചാൽ മതി അപ്പൊ ഇതിനൊക്കെയുള്ള യോഗ്യതയും അയോഗ്യതയൊക്കെ സ്വയം തീരുമാനിക്കുന്നു മറ്റൊരാൾ തീരുമാനിച്ചിട്ട് കാര്യമുണ്ട് സ്വയം തീരുമാനം ഇതില് അതൊക്കെ ഉറച്ച് മുമ്പോട്ട് പോകാൻ കഴിയും അതിനുള്ള സംസ്കാരമാണ് ഉള്ളിലിരിക്കുന്നത് എന്ന് തന്റെ സംസ്കാരത്തെ തിരിച്ചറിയും തന്റെ സംസ്കാരം തന്നെ എങ്ങനെയാണ് പിടിച്ച് വലയ്ക്കുന്നതെന്ന് തിരിച്ചറിയും അതൊക്കെ അനുകൂലമാണെങ്കിൽ പിന്നെന്താണ് ഒരുവന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരുത്തരമേ ഇതിന് പറയുന്നുള്ളൂ ഒരുവന് ഇതാണ് ഇതിന്റെ അവസാനത്തെ വാക്ക് അവന്റെ ഗുരുവിലുള്ള അചഞ്ചലമായ ഭക്തിയും വിശ്വാസവും ഭയവും അത് പുറത്തേക്കെടുത്ത് പറയുന്നു ഏതുവരെ അവന് നിലനിർത്താൻ കഴിയുമോ അതുവരെ അവന് നേരെ പോകാൻ പറ്റും അതിലെന്തെങ്കിലും ഒരു ന്യൂനത സംഭവിച്ചു കഴിഞ്ഞാൽ ആ ശ്രദ്ധ ഭക്തി ഭയം ഈ മൂന്ന് കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു ന്യൂനത സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ അതോടുകൂടി തകർന്നു കോട്ടനിന്ന് പുറത്താവും ഇതാണ് ഇതിൻ്റെ അവസാനമായി പറയാനുള്ളത് ഒരാൾക്ക് ഈ മാർഗത്തിൽ പോകണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ സ്വന്തം ഗുരുവിലുള്ള ശ്രദ്ധ പിന്നെ ഭക്തി എന്താണ് ഭയം അതിന് വളരെ പ്രാധാന്യമുണ്ട് ഈ മൂന്നെണ്ണത്തിലും ഒരണ്ണുകിട പോലും വ്യത്യാസം വരാൻ പാടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിന് യോഗ്യനായ ഒരുവന് ഇതിൽ മുന്നേറാനും വിജയിക്കാനും പറ്റും എൻ്റെ ഇന്നുവരെയുള്ള അനുഭവത്തിലും നിരീക്ഷണത്തിലും മനസ്സിലായ ഒരു കാര്യം ഇതാണ് അതിലുനാത വന്നാൽ പോയി പിന്നെ എല്ലാം തേടാൻ തുടങ്ങി അവൻ ഉദാസീനാവും അവൻ മര്യാദകളെയൊക്കെ അതിക്രമിക്കാൻ തുടങ്ങും അവനൊൻ തകർച്ച ആരംഭിക്കും അപ്പോൾ ഇതാണ് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിരിക്കും ഒരു വിഷയം ഗുരുവിലുള്ള ശ്രദ്ധ ഭക്തി ഭയം ഇതായിരിക്കും അവൻ മുന്നോട്ട് നയിക്കുന്നു അവൻ്റെ എന്താണ് വ്യതിചലങ്ങളിൽ വ്യതിചലനങ്ങളിൽ നിന്നും അവനെ രക്ഷിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ വ്യതിചനങ്ങൾ അവന്റെ അന്ധകരണത്തിൽ വരുമ്പോൾ അവന് ഭയമുണ്ടാകും അരുത് എന്നുള്ള ഭയം ആ ഭയം ഉണ്ടെങ്കിൽ ആ ഭയം നിലനിർത്താൻ കഴിഞ്ഞാൽ ആത്മാവ് അഭയമൊക്കെ തന്നെയാണ് നമുക്ക് അത ചർച്ച ചെയ്യുന്നത് ഞാൻ പറയുന്നു വ്യാവഹാരികമായ ഭയത്തെക്കുറിച്ചാണ് ആ ഭയം ഉണ്ടെങ്കിൽ ഈ അവിടെ ഇന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം പോയി അവനെ മുമ്പോട്ട് പോകാൻ പറ്റും അപ്പം ഇത് ഒരാളുടെ ഉള്ളിൽ മായാതെ മറയാതെ നിലനിന്നാൽ അവൻ ഈ മാർഗത്തിൽ വഴിതെറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് ഇതിനെ സംബന്ധിച്ചുള്ള എന്റെ നിരീക്ഷണം